സാക്ഷ്യം അതിൻറെ യഥാർത്ഥ രൂപത്തിൽ കൊണ്ടുവരാനും അല്ലെങ്കിൽ അവരുടെ സത്യപ്രതിജ്ഞകൾക്കുശേഷം മറ്റ് സത്യപ്രതിജ്ഞകൾ വഴി അത് തിരിച്ചറിയപ്പെടുമോ എന്ന് ഭയപ്പെടാനും ഇതാണേറ്റവും ഉചിതം നിങ്ങൾ അള്ളാഹുസുബഹാനുഭൂവ തയാലായെ ഭയപ്പെടുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക ധിഖാരികളായ ജനങ്ങളെ അള്ളാഹു സുബഹാനുഹൂവ തയാല നേർവഴിയിലാക്കുകയില്ല